അള്ളാഹുസുബാനഹു വാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളൊരൊറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നു എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും